ദൈവനാമത്തിന് മഹത്വം ദൈവം കൽപ്പിച്ച ആലോചനകൾക്കായിട്ട് ഞാനും ദൈവത്തെ സ്വദിക്കുന്നു ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന് സാക്ഷ്യങ്ങളിലൂടെ മനസ്സിൽ ഓരോ ഹൃദയത്തോടും ദൈവം ഇന്ന് വ്യക്തമായി സംസാരിച്ചു എനിക്കും അത് വളരെ അനുഗ്രഹമായിരുന്നു ഞാൻ റോമാർ ലേഖനം പരിചയമെന്നുള്ളൊരു വാക്യം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായം അവിടെ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റുവാനായിട്ട് ഒരു പ്രബോധനം പൗലോ സപ്സോറിൽ തരുമ്പോൾ ഒരു പുതിയ ആരാധനയുടെ ഒരു രീതി നാം ഇന്നുവരെ നാം പരിചിതമല്ലാത്ത ഒരു ആരാധന അന്ന് ആ റോമയിലെ സഹോദരന്മാർക്ക് എഴുതുമ്പോൾ അവിടെ അപ്പസ്വൻ ആദ്യം ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സലിവ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പന്ത്രണ്ടിൻ്റെ ഒന്നാം ഒന്നാം വാക്യം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നാം വാക്യം സഹോദരൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞത് ഇവിടെയും ഇന്ന് ഈ വചനകൃപിയുടെ മുമ്പിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മനസ്സിലുവാണ് ദൈവത്തിൻ്റെ മനസ്സലിവാണ് തൻ്റെ തേജസ് തൻ്റെ മഹത്വം നമുക്ക് പങ്കുവെക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വേള നമ്മൾ വേണ്ട ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ഇന്ന് ബദൽ പറഞ്ഞ് കാര്യം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിലാണോ കഥാവിനോട് സ്നേഹത്തിലാണോ നാം ആഗ്രഹിക്കുന്നതോ എൻ്റെ തന്നെ എൻ്റെ തന്നെ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യത്തിനായിട്ടാണോ അങ്ങനെയെങ്കിൽ ഞാൻ പെട്ടെന്ന് മടുത്തു പോകും കോസ് ഈ ജീവിതം ഒരു മടുപ്പിലേക്കും രാശിയിലേക്കും നാം പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിനോട് സ്നേഹം പൂർണ്ണമല്ല ഞാനും ആ ചിന്തിച്ചത് പക്ഷേ അവിടെയും നമ്മളെ മടുപ്പിക്കാതെ നോക്കുക ദൈവം പരിശുദ്ധ പരിശുദ്ധമാവ് ഇങ്ങനെയല്ല ചെയ്യുന്നു ഞാൻ ഇപ്പോഴും ഈ ഒരു മകനെ മകളെ നിനക്ക് ഇതുവരെ ഉള്ളതിൻ്റെ ജീവിതത്തിൽ നിനക്ക് തൃപ്തിയില്ലയോ കത്താവിനെ വേണ്ട വിധം സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത് ആദ്യം കത്താവിൻ്റെ മനസ്സലിവ കത്താവ് കാത്തിരിക്കും കത്താവ് നിന്നോട് മനസ്സലിവുണ്ട് നീ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ന് ഈ ലോകത്തിന് അനുരൂപരാകാതെ അവിടെയും രണ്ടാമത്തെ വാക്യം ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും കൂടെ ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ യഥാർത്ഥ ഈ തേജസ്സിലേക്കുള്ള വഴിയും ഈ രൂപാന്തരമാണ് ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് ശക്തിയിൽ ആശ്രയിക്കുക അവിടെയാണ് ഈ ലോകം പറഞ്ഞു തുടങ്ങിയത് ലോകവുമായിട്ടുള്ള ആ ആ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നെനിക്കൊരു രക്ഷ അത് കേവലം നാം ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഇംഗ്ലീഷിൽ ആ ഇങ്ങനെ പറയുന്നു രണ്ടാം വാക്യം എങ്ങനെയാണ് അതിൻ്റെ മധ്യഭാഗത്തിങ്ങനെ അശോദാ യു മേ പ്രൂവ് വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് വാട്ട് ദ വിൽ ഓഫ് ഗോഡ് ഈസ് अदर സാക്ഷ്യത്തെ ഇവിടെ നമ്മൾ പറയുന്നു ഇവിടെ ഇന്നെ തന്നെ തിരിച്ചറിയണം എന്ന് പറയുന്നതിനേ അപ്പുറത്തേക്കൊരു കാര്യമാണ് നാം ചില നമ്മുടെ ഹൃദയത്തിൽ ചില ബോധ്യങ്ങൾ അല്ല കഥാവാഗ്രഹിക്കുന്നുണ്ട് നാം ഈ ഡോക്ട്രിൻ നമ്മൾ ആ മനസ്സിൽ നമ്മൾ ഹൃദയത്തിൽ വഹിക്കണം എന്നല്ല കഥാവാഗ്രഹിക്കുന്നു മറിച്ച് ഇവിടെ പറയുന്നു യു മേ പ്രൂവ് ആ ഈയൊരു ദൈവഹിതം നിൻ്റെ ജീവിതത്തിൽ ഇതേറ്റവും നന്മയ്ക്കാണ് നിൻ്റെ നന്മയ്ക്കായിട്ടാണ് ഇതെല്ലാം നിൻ്റെ ജീവിതത്തെ ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് നീ നിന്നെ നിർത്തിയിരിക്കുന്ന ഇടത്ത് നീ ആയിരിക്കുന്ന എൻ്റെ ലോകത്തിൽ ആ ചെറിയ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നീയൊരു ഒരു സാക്ഷ്യമായിട്ട് യു ഹാവ് ടു പ്രൂഫ് ഇതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ ജീവിതത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കേട്ടത് ചില വിശ്വാസം അല്ലേ ഇന്ന് കത്താവ് നമുക്ക് വാക്തത്വം അവൻ്റെ തേജസ്സിൽ പങ്കാളിത്തം അവൻ്റെ പുത്ര പുത്ര സ്വഭാവത്തോടൊരു അനുരൂപത്വം അത് വിശ്വാസത്തിൻ്റെ ഒരു ഒരു വാക്തത്വമാണ് നാം പ്രാപിച്ചടിക്കുന്നൊരു വാക്തത്വമാണ് നമ്മൾ അത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുകയും നാം ഇത് പ്രത്യാശയെക്കുറിച്ച് കേട്ടു പ്രത്യാശ എന്താണ് പ്രത്യാശയിൽ റോമാൻ ലഖനമഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു നമുക്ക് ഈ നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് പക്ഷേ അപ്പസോലൻ പതിമൂ റോമർ റോമർ കുറേ ദക്ക ഈ ലേഖനം അധ്യായത്തിൽ പറയുന്നു ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനം എന്താണ് എനിക്കുള്ള ദൈവവാഗ്ദത്വങ്ങൾ മാത്രമല്ല എനിക്ക് പരിശുദ്ധർമ്മ ബോധ്യങ്ങൾ മാത്രമല്ല അതിലുപരി ബദൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം കഥാവിനോട് സ്നേഹം വരെ അവിടെയാണ് അവിടെയാണ് ഞാൻ ഒരു വാക്യം ഒരു ഭാഗം കൂടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് കുറേന്ത്യർന്ന് സന്തോഷപേർ പറഞ്ഞൊരു കാര്യം അവിടെ രണ്ട് കുറവി ലേഖനം നാലാമധ്യായെന്ന് പറഞ്ഞത് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ കടന്നു വന്നത് അതിൻ്റെ നാം എപ്പോഴും നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഞങ്ങൾ നമുക്ക് അതിൻ്റെ സമയം കുറവുകൊണ്ട് ഏഴാം വാക്യം മാത്രം വായിച്ച് നിർത്താം എങ്കിലും അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു തന്നത് ഉള്ളത് എന്നിട്ട് താജയ്ക്ക് പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു ഇടുങ്ങിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ നശി നാശപ്പെടുന്നില്ല നശിച്ചു പോകുന്നില്ല എന്നൊക്കെ നമ്മൾ താജയോട്ട് വായിക്കുന്നുണ്ട് ഉപദ്രവം ഏൽക്കപ്പെടുന്നു പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നില്ല വീട് കിടക്കുന്നു പക്ഷെ നശിച്ചു പോകുന്നില്ല എന്താണ് എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവൻ എന്നുള്ള വെളിപ്പെടണം നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എപ്പോൾ എങ്ങനെയായിട്ടാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ജീവനായിട്ടാണ് എൻ്റെ ആ ജീവൻ്റെ പങ്കാളിത്തമാണ് തേജസ്സിൻ്റെ പങ്കാളിത്തം ഇവിടെ നമ്മൾ പറയുന്ന ഇതാണ് ഏഴാം വാക്യം എങ്ങനെയാണ് പറയും നീ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിനായിട്ട് എന്താ കർത്താവ് ചെയ്തിരിക്കുന്നത് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴൊരു കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ കാര്യത്തെ ചിന്തിക്കുവാൻ ഞാൻ നമ്മൾ നിർത്തിയിരിക്കുന്ന ചില ഇടങ്ങൾ നിൻ്റെ ജീവിത പങ്കാളി ഒരു പക്ഷെ ഒരു ഒരു ഒരു മൺപാത്രം പോലെ അല്ലെങ്കിൽ നിന്നെ നിർത്തിയിരിക്കുന്ന സാഹചര്യം നീ ആയിരിക്കുന്ന ജോലി സാഹചര്യങ്ങൾ നീ ആയിരിക്കുന്ന വിഷമം പിടിച്ച ചില ചില അവസ്ഥകളിലൊക്കെ ദൈവം ഈ ഒരു ജീവൻ്റെ നിറവ് നിനക്ക് തരാനായിട്ട് നിന്നെയൊരു ഒരു മൺപാത്രം പറഞ്ഞിർത്തിയിരിക്കുന്നു എന്നല്ല അങ്ങനെ തന്നെ അർത്ഥമുള്ളപ്പോൾ തന്നെ നിനക്കായി തന്നിരിക്കുന്ന ഒരു പക്ഷേ മാനസാന്തരം ആവശ്യമുള്ളൊരു മകനെ നിനക്ക് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു നമുക്കൊപ്പം വരാത്ത ഒരു ജീവിതമങ്കാളി നിനക്ക് തന്നിട്ടുണ്ടോ അവിടെ നാം കാണേണ്ടത് ദൈവത്തിൻ്റെ നിക്ഷേപം നിനക്ക് തന്നിരിക്കുന്ന ഇങ്ങനെ മൺപാത്രത്തിലാണ് ഒരു മൺപാത്രമാണ് നീ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക കാരണം അവിടെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ജീവൻ നിന്നിൽ കടന്നു വരേണ്ടതിന് അവിടെ യേശുവിൻ്റെ മരണം നീ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേവലം ഒരു മോഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഇഷ്ടത്തെ ഞാൻ ഞാൻ മരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് ദൈവം നിനക്ക് തന്നിരിക്കുന്ന പ്രിയ പ്രിയപ്പെട്ട പലരുടെ മുമ്പിലും അവരുടെ അവരുടെ ബലഹീനതകളെ നീ വഹിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഇന്ന് ബദർ പറഞ്ഞു ഇന്ന് യുദ്ധായുടെ പണമോഹത്തെ പോലും കർത്താവ് എക്സ്പോസ് ചെയ്തില്ല അല്ലെങ്കിൽ താൻ മൂന്നര വർഷം താനവരെ സ്നേഹിച്ച് പിടക്കോഴി ചിറകൻ കെ ജിൽ വഹിക്കുന്നത് അവരെ കൊണ്ടുനടന്നിട്ടും നോക്കുക അവസാന സമയം വരെ അവരുടെ തർക്കം എന്തായിരുന്നു തങ്ങളിൽ ആരാണ് വലിയവൻ നോക്കി ഞാനൊക്കെ അങ്ങനെ വരുമ്പോൾ ഈ സ്വഗീയ പിതാവ് അയച്ച് ഈ പന്ത്രണ്ട് പേരെ ലോകത്തിൽ ഒരുക്കിയെടുക്കാനായിട്ട് കർത്താവിനെ ഇങ്ങോട്ട് അയക്കുമ്പോൾ തൻ്റെ ശിഷ്യർ താനാക്കിക്കൊണ്ട് തന്നെ തൻ്റെ മക്കൾ താനെന്നും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് പിതാവെ ലോകത്തിന് വേണ്ടിയല്ല ഞാൻ ഈ പ്രിയപ്പെട്ട് നീ എനിക്ക് തന്നിട്ടുള്ളൂ ഇവർക്ക് വേണ്ടി അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടും ഇവർക്ക് ഈ കാര്യം പരിശുദ്ധാമാവിൻ്റെ ആ പ്രവൃത്തി അവരുടെ എല്ലാ പന്തക്കോസ് ദിവസം നടക്കുന്നല്ലാം വരെയും വെളിപ്പെട്ട് പക്ഷേ നോക്ക് അവിടെയും കഥാവ് എന്താ തിരിച്ചറിഞ്ഞത് ദിട്ടിൽ അവർ മൺപാത്രങ്ങളാണ് എനിക്കവരെ സ്നേഹിക്കുവാൻ എനിക്കവരെ വഹിക്കുവാൻ എനിക്കവരെ ചേർത്ത് പിടിക്കുവാൻ എനിക്കവരെ വളർത്തുവാൻ ഈ മൺപാത്രത്തെ ഉടച്ച് കളയാതെ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിക്കാനായിട്ട് ദൈവം എനിക്ക് കഴിവ് തരും പ്രിയപ്പെട്ടവരെ അവിടെയാണ് അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഒരു ഇന്ന് തുടക്കത്തിൽ ബൈബിളിൽ നിന്നും വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരു വാക്യം വായിച്ച് ഞാൻ വന്നു ഹൃദയ ഹൃദയത്തിൽ വന്നത് ഇതാണ് ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ രണ്ടിലാണ് അപ്പോൾ ഇതിൽ വായിച്ചത് നാം ദൈവത്തെ സ്നേഹിച്ചവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയും നമുക്ക് ഇൻസപ്രബിളാണ് ഇൻസ്പ്രബിളായിട്ടൊരു കാര്യം നോക്ക് ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന ഓരോ മക്കളെയും നാം സ്നേഹിക്കണം അതാണ് പ്രൂഫ് അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിന്റെ ദൈവത്തെ സ്നേഹത്തെപ്പറ്റി നിനക്ക് സംശയമുണ്ടോ സഹോദരി സഹോദരി ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നു എൻ്റെ നിന്റെ ദൈവമക്കളോടുള്ള സ്നേഹം എങ്ങനെയാണ് നീ ദൈവമക്കളോട് സ്നേഹത്തിൽ പൂർണ്ണനല്ലെങ്കിൽ നീ ദൈവത്തോടുള്ള സ്നേഹത്തിനും പൂർണ്ണനല്ല അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം നീ പൂർണ്ണനാണെങ്കിൽ നീ ദൈവമക്കളോടും സ്നേഹം പൂർണ്ണമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മളിൽ നിർത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ മരണത്തിലൂടെ മരണത്തിലൂടെ അനവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ കത്താവ് ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്നെ മാതൃക നമ്മിപ്പോഴും നമ്മെക്കുറിച്ച് മാത്രം നമ്മൾ പാപത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിനായിട്ടുള്ള പോരാട്ടം അവിടെ നമ്മുടെ ഇഷ്ടങ്ങളെ വയ്ക്കുന്നിടത്തെല്ലാം മറിച്ച് ദൈവം തൻ്റെ ഉത്തരവാദത്തിൽ നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നവരെ ആ നിലയിൽ മൺപാത്രങ്ങളെന്ന് കാണാൻ കഴിയുന്നുണ്ടോ ചർച്ചിൽ നമുക്ക് തന്നിരിക്കുന്ന സഹോദരൻ ഒരുപക്ഷേ ആ സഹോദരന് നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിന്നോട് പെരുമാറിയിട്ടുണ്ടാവാം അവിടെ നീ കാണുന്നുണ്ടോ ആ സഹോദരൻ മൺ പാത്രമാണ് സഹോദരി മൺ പാത്രമാണ് പ്രിയപ്പെട്ടവർ അതാണ് അവിടെയും ഒരു മരണത്തിൻ്റെ മരണത്തെ നാം സ്പർശിക്കണം മരണത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ എന്ത് നിറയും ദൈവത്തിൻ്റെ യേശുവിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെടും ഞാൻ ഈ ഒരു സത്യത്തിലേക്കാണ് ഇന്ന് തന്നെ ആ കത്താവ് നയിച്ചത് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്ന എല്ലാ എല്ലാ ഉത്തരവാദിത്വങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അവിടെയെല്ലാം മൺപാത്രങ്ങൾ എന്നത്തിനെ ഒരു മൺപാത്രമായിട്ട് ഞാൻ അറിയുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും അതേ നിലയിൽ എനിക്ക് ഉടച്ചു കളയാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്ന മൺപാത്രങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പൂർണ്ണമാകുന്നത് അവിടെയാണ് സ്നേഹത്തിന് വിലയുണ്ട് ഉപദേശിക്കാനെല്ലാവർക്കും ഇഷ്ടമാണ് ഉപദേശിക്കുവാനും അധികാരം പ്രയോഗിക്കും ദൈവം നമ്മുടെ കുടുംബങ്ങളിലായിക്കോട്ടെ നമ്മൾ അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പണിയുമ്പോൾ ആ നിലയിലൊക്കെ നമ്മൾ വേണം ശിക്ഷണം വേണം പക്ഷേ അപ്പോൾ തന്നെ ദൈവമേൽപ്പിച്ച മുൻപാത്രങ്ങളെന്ന് യേശു തൻ്റെ ശിശുമാരെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമ്മുടെ നമ്മുടെ ജോലിസ്ഥലത്തും നമുക്ക് വിഷമം പിടിച്ച മറ്റ് മറ്റ് വിഷമം തരുന്ന മറ്റ് വ്യക്തികൾ മുമ്പിലും ഈ നിലയിൽ ദൈവം നമ്മെ കാണുവാനായിട്ട് നമുക്കവിടെയും ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കാനായിട്ടുള്ള മരണത്തെ തൊടുവാൻ ജീവൻ പ്രാപിക്കുവാനുള്ള വഴിയായിട്ട് കാണുവാനാഗ്രഹിച്ച് ആ നിലയിൽ ഇന്ന് കേട്ടതുപോലെ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടെ കടന്നു വരുവാൻ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ